അയുമൈ ഹഷ്തി ബിസ്മില്ലാഹ് തവാര്നവലീ നീ വസീ ഹീ ഫീ അസ്സിയാഹ് അസ്മ ബിസ്മില്ലാഹ് തോ <today> അസത ർജിതൃഷ്ട <coughs> സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് തേജസ്സിൽ തുടങ്ങിയാണ് ആദ്യം ആ സത് ദർശിച്ചു സങ്കല്പിച്ചു അക്ഷത ആ സങ്കല്പത്തിന് സൃഷ്ടിയുണ്ടായി സൃഷ്ടി തുടങ്ങുന്നെങ്ങനെ തേജസ് ൃതീയം ഇഹ കഥം പ്രാഥമ്യനജ്യതാശം തേജസ്രജതാ നോടങ്ങിയത് സൃഷ്ടി തേജസ്സിൽ തുടങ്ങി പക്ഷെ മുമ്പ് തസ്മാസ്മാത് ആത്മനാകാശസംഭൂത ിൽ നിന്ന് ആദ്യം ഉണ്ടായത് ആകാശമാണെന്ന് പറയുന്നു മുമ്പ് പറഞ്ഞതെന്താണ് സൃഷ്ടിച്ചത് ആദ്യം ആകാശമാണ് ഇവിടെ പറയുന്നത് തേജസ് ആണ് ആകാശ വായു തത് തൃതീയം തേജ അവിടെ ആകാശം ആകാശത്തിന് വായു പിന്നീട് തേജസ് ഇങ്ങനെയാണ് മുമ്പ് പറഞ്ഞത് ശതവിഹകഥം പ്രാഥമ്യ തസ്മാദേവസ് തേജസ് ഇവിടെ ആ സ്ഥത്തിൽ നിന്നും നേരിട്ട് തേജസ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു തഥയോ വെച്ച് ആകാശം വിധി വിരുദ്ധം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുമായിട്ട് വിരോധം വരും അവിടെ പറഞ്ഞു സത്ത് നിന്ന് ആദ്യം ആകാശമുണ്ടായി പിന്നീട് വായു പിന്നീട് തേജസ് ഇവിടെ പറയുന്നു ആദ്യം തേജസ് ഉണ്ടായിരുന്നു ഇത് പരസ്പര വിരുദ്ധമാണല്ലോ ദോഷമൊന്നുമില്ല ഇതൊരു ദോഷമേ അല്ല ആകാശവായു സർഗാനന്തരം സത് അസത്തെ ഇവിടെ അതിനെ സ്വീകരിച്ചോളൂ ആകാശം വായു ഇവയുടെ സൃഷ്ടിക്ക് ശേഷം തേജസ്സിനെ സൃഷ്ടിച്ചു എന്നിവിടെ സ്വീകരിച്ചാ ഇവിടെ ആദ്യത്തെ രണ്ടും പറഞ്ഞില്ലെന്നേ ആകാശവായുകൾക്ക് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ സ്വീകരിക്കാം പറയുന്നു ഇവിടെ അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയിന് സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്തൊന്നും സൃഷ്ടിയുടെ താല്പര്യത്തിലല്ല അതായത് എങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് മനസിലാക്കി തരാൻ വേണ്ടിയിട്ടല്ലോ അതുകൊണ്ട് അത് എങ്ങനെ വേണം വ്യാഖ്യാനിക്ക അഥവാ അവിപക്ഷിതയോ സൃഷ്ടിക്രമ ഇവിടെ സൃഷ്ടിയുടെ അക്രമത്തിൽ യാതൊരു താല്പര്യമില്ല ഇന്ന രീതിയിൽ സൃഷ്ടിക്കണം അങ്ങനെ ഇല്ല സത്കാര്യം ഇതും സർവം ഇതെല്ലാം സത്തിന്റെ കാര്യമാണ് അതാണ് ശ്രുതി ബോധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് സർവം സത്കാര്യം സത്തിന്റെ കാര്യമാണ് ഏകമേവാധുര്യം ഉപയോഗിച്ചത് ഇവിടെ ശ്രുതിയുടെ വിവക്ഷ എന്താണ് പിന്നെ രീതിയിൽ സൃഷ്ടി ഉണ്ടായി സൃഷ്ടിയുടെ സിദ്ധാന്തം ഇന്നതാണ് എന്നാരും പഠിപ്പിക്കാനുണ്ട് ശ്രുതിയുടെ താല്പര്യം സതേകമേ വാർദ്ധ്യതയം ഇതിനെ ബോധിപ്പിക്കുകയാണ് സതേകമേ വാർദ്ധ്യതയെന്നുള്ള കാര്യത്തെ ബോധിപ്പിക്കുമ്പോൾ സൃഷ്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ഗൗണമായി അപ്രധാനമായി സൃഷ്ടിയെ കുറിച്ച് ചോദ്യം വരുമ്പോൾ എന്താണ് സൃഷ്ടി എങ്ങനെയാണ് എന്നൊരു ചോദ്യം വരുമ്പോ ചോദ്യത്തെ സമാധാനം അത്രമാത്രം അതാണ് ഇവിടുത്തെ തത്വചിന്തയും ആധുനികമായ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം ആധുനികമായ ചിന്തയിൽ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്താണ് എന്ന് മനസിലാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയിലെന്തുണ്ട് തത്വചിന്തങ്ങനെയുണ്ട് സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത് സൃഷ്ടിയിലെന്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടു സ്രഷ്ടാവിന്റെ സ്വരൂപം എന്താണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്പൊ പല സിദ്ധാന്തങ്ങളും വരും അത് ചിലവ് പരസ്പര അതിലൊന്നും താല്പര്യമില്ല മൃദാ ഇവിടെ പാത്രത്തെ പറയുന്നു പാത്രത്തെ പറയുന്നത് പാത്രം എന്താണ് അതിന്റെ സഭാ വിശേഷങ്ങൾ അതിന് എന്തൊക്കെ പ്രയോജനമുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഭൗതികമായി പഠിക്കുമ്പോ എന്താണ് മുഖ്യമാനിക്കുന്നതിന്റെ പ്രയോജന ചിന്തയാണ് ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം ഇത് എന്റെ പ്രയോജനം എന്താണ് ആ രീതി ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം പ്രയോജന ചിന്തയല്ല പ്രയോജനത്തെ പാടെ വിസ്മരിക്കുന്നു ഇവിടെ മുക്തിചിന്ത എങ്ങനെ ഈ സൃഷ്ടിയിൽ നിന്നും മോചനം നേടാം എന്താണ് ഈ സൃഷ്ടിയിൽ മുക്തിയുടെ മാർഗം അതാണ് ഇവിടുത്തെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ പ്രേയസ് ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ശ്രേയസ് എന്നാണ് രണ്ടും നമ്മുടെ വ്യത്യാസം അതുകൊണ്ട് ശ്രുതിക്ക് സൃഷ്ടിയുടെ നാനാത്വത്തെ പഠിപ്പിക്കാൻ താല്പര്യമില്ലാതെ പഠിപ്പിച്ചാലൊട്ട് അവസാനിക്കത്തില്ല അങ്ങനെ പലതരത്തിലും ഇതിന് സമാധാനം പറയാം ഇനി വേറെ തരത്തിൽ പറയുന്നു അഥവാ ത്രിപുത്കർണ സൂക്ഷിതത്വ തേജോ ബന്നാനാമയോ സൃഷ്ടി മാജഷ്ടി ഇനി അവിടുത്തെ ത്രിപുത്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് പഞ്ചീകരണം എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടായതാണ് പഞ്ചീകരണത്തിൽ പറയുന്ന അഞ്ചു ഭൂതങ്ങൾ കൂടി ചേർന്ന് സ്ഥൂലഭൂതങ്ങളുണ്ടായി ത്രിവുത്കരണത്തിൽ പറയുന്ന മൂന്ന് ഭൂതങ്ങൾ തേജസ് അപ്പ് അന്നം തേജസ് ജലം പൃഥിവിന്നെണ്ണം കൂടി ചേർന്ന് ഈ കാണുന്ന സ്ഥൂലഭൂതം ഉണ്ടായി എന്നാണ് അപ്പൊ അതിനെ ബോധിപ്പിക്കുകയാണ് ശ്രുതിയുടെ താല്പര്യം അതുകൊണ്ട് തേജോപന്നാനാമേവ സൃഷ്ടിമാധിഷ്ട ത്രിവുത്കരണത്തെ കുറിച്ച് പറയുന്നതിനു വേണ്ടി േജോ അസൃജത തേജയുടെ പ്രസിദ്ധൻ ലോക തേജസ് എല്ലാവർക്കും അറിയാം എന്റെ സ്വഭാവമാണ് ദഹിപ്പിക്കുക ഭക്തൃപാകം ചെയ്യിക്കുക പ്രകാശം പ്രകാശിപ്പിക്കുക രോഹിതം പുരോഹിതവർണമാണ് സംസ്ഥിതം സത് അത ഇവിടെ പറയുന്നു തത് തേജോ അസത തത് തേജ ഐക്ഷത ആദ്യം തത് ഐത സത്ത് അത് സങ്കല്പിച്ചതെന്ന് പറയുന്നു അടുത്ത പറയുന്നു തത് തേജ അഴിക്ഷത തേജസ് സങ്കൽപ്പിച്ചു അന്ന് പറയുന്നു തത് തേജ തൃഷ്ടം തേജ സത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ തേജസ് അക്ഷത അതങ്ങനെ തേജസ്സിന് സങ്കല്പിക്കാൻ കഴിയും തേജസ്സെന്ന് പറയുന്നത് ജഡമാണ് അഗ്നിയാണ് അഗ്നിയിലങ്ങനെ സങ്കല്പം വരും അവിടെ ചൈതന്യമില്ലല്ലോ ശ്രുതി പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള ജഡമായ സർവത്തിനെക്കുറിച്ച് ചേതന വ്യവഹാരം അത് കാണിക്കുന്നുണ്ട് ചേതനം വ്യവഹാരം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം ജഡമായ തേജസ് ജലം ഇതിലെല്ലാം ചേതന വ്യവഹാരം ഇങ്ങനെ വരും ലോകത്ത് കാണാറില്ല അതുകൊണ്ട് പറയുന്നു തേജാഷിത തേജോ സത് അത അവിടെ സത്താണ് സങ്കല്പിച്ചത് തേജസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തേജോ രൂപ തേജോ രൂപത്തിലിരിക്കുന്ന സത് എന്നുവെച്ചാൽ സത്ത് തന്നെയാണ് തേജോ രൂപത്തിലിരിക്കുന്നത് ജലരൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ പൃഥ്വി രൂപത്തിലിരിക്കുന്ന സത്ത് തന്നെ ഇപ്പൊ പൃഥ്വി സങ്കല്പിച്ചു പറഞ്ഞാൽ സത്ത് സങ്കല്പിച്ചു ഒരു ജീവൻ ശരീരത്തോടു കൂടിയിരിക്കുന്നു പഞ്ചഭൂതാത്മകമായിരിക്കുന്നു ജീവൻ സ്വയം തിരിച്ചറിഞ്ഞെത്താൻ സത്താണ് അതുകൊണ്ട് പറയുന്നത് ഞാൻ സങ്കല്പിച്ചു ഞാൻ ചിന്തിച്ചു ഞാൻ പ്രവർത്തിച്ചു നെളംബര നീതി ശരീരമാകുന്ന പിണ്ടത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് ആത്മാവ് ചിന്തിക്കുന്നില്ല പറയുന്നില്ല പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഞാൻ ചിന്തിക്കുന്നു പറയുന്നു പ്രവർത്തിക്കുന്നു അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച ആത്മാവല്ല ഈ ശരീരമാണ് ഈ പിണ്ടമാണ് അങ്ങനെയും പറയാം എന്താണോ ആ ഞാൻ സങ്കല്പിച്ചു എന്നെ ഈ പിണ്ടത്തിൽ നിന്ന് വേർതിരിച്ചിട്ടല്ല പറയും അതിന്റെ താല്പര്യം എന്താണോ പെണ്ഡ സങ്കല്പിച്ചു എന്നില്ല ഞാൻ സങ്കല്പിച്ചു ചേതന വ്യവഹാരമാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അത് സങ്കല്പിച്ചു ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന്റെ ഒരു അലയാണ് സങ്കല്പം അതുപോലെ ഇവിടെയും മനസ്സിലാക്കിയാണോ ഗുരുവം പറയാണ് ഞാൻ സങ്കല്പിച്ചു എന്ന് ശരീരാഭിമാനത്തോടുകൂടി പറയുമ്പോൾ എങ്ങനെയാണോ ശരീര സങ്കല്പിച്ചു എന്ന് ധരിക്കുന്നത് അതുപോലെ ആണിവിടെയും ആ ഭൂതാഭിമാനത്തോടുകൂടി സങ്കല്പിക്കുകയാണ് വാസ്തവത്തെ സങ്കല്പം ചൈതന്യത്തിലാണ് ചൈതന്യങ്ങൾ സങ്കല്പിക്കും പറഞ്ഞുള്ള ചൈതന്യം സമുദ്രമാണ് ആ ചിത് സമുദ്രത്തിലെ ഒരു അലയാണ് സങ്കല്പം സത്സൃഷ്ടം തേജരൂപ സംസ്തം തദക്ഷത എങ്ങനെ ബഹുശ്യാം പ്രജാ എഴുതിക്കൂർവം ഞാൻ പലത് ആകട്ടെ പലതായി ജനിക്കട്ടെ അത് കേവലം ജലത്തിന് സാധ്യമല്ല ചൈതന്യത്തിനെ സാധ്യമാണ് ചൈതന്യമാണെന്ന് പറഞ്ഞത് അങ്ങനെ സങ്കല്പിച്ചിട്ട് തഥാപ്പോ അസൃജത അത് അപ്പിനെ സൃഷ്ടിച്ചു ജലത്തെ സൃഷ്ടിച്ചു ആ പോന്യ ശുക്ലാശി പ്രസിദ്ധാലോകി ജലത്തെക്കുറിച്ച് പറയുന്നു ജലത്തിന്റെ പ്രത്യേകത എന്താണ് സ്നഗ്ധമാണ് സെന്തിന്യത ഒഴുകുന്നതാണ് ശുക്ലാഹ അത് ഒരുതരം വെളുപ്പാണ് പാലിന്റെ വെളുപ്പല്ല ശുക്ലെന്ന് പറയുമ്പം വെളുപ്പെന്നാണ് പക്ഷെ പാലിന്റെ വെളുപ്പല്ല സ്വച്ഛം എന്നുള്ള അർത്ഥത്തിലാണ് യസ്മാൻ തേജസകൂതാപ തസ്മാത്രചനത്തി സന്തപ്യത്തെ പ്രസിദ്ധ്യതജസേ തേജസൂതം തസ്ത്രേശന ഇവിടെ എങ്കിലും കാലേ പോയതെങ്കിലും കാലത്ത് ശ്വചത്തി ദുഃഖം വന്നു കഴിഞ്ഞാൽ ജീവന ദുഃഖം വന്നാൽ ജീവൻ അവിടെ അവിടെ വരും നനഞ്ഞവർക്ക് കത്തിച്ചാലും അറിയാം അവരെ കാണും അതുപോലെ ദുഃഖം ശിവചതെ സന്തപ്യത സേതതെ പ്രസിദ്ധ്യത ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ ശരീരം ചൂടാകുമ്പോൾ പ്രസിദ്ധ്യതയെ വാകുഷ്ട ശരീരത്തിൽ വേർപ്പ് അനുഭവപ്പെടുന്നു വിറകൽത്തി കത്തിക്കുമ്പോൾ അതിന് ഈർപ്പനുഭവം ശരീരത്തിൽ ഉഷ്ണം വരുമ്പോൾ വേർപ്പ് വരുന്നു മനസ്സിൽ ഉഷ്ണം ദുഃഖം വരുമ്പോൾ കണ്ണുനീര് വരുന്നു ഉഷ്ണവും ജലവുമായിട്ടൊരു ബന്ധമുണ്ട് എവിടെയെല്ലാം ചൂട് ഉഷ്ണം വരുന്നു അവിടെയെല്ലാം ജലവും വരുന്നു മനസ്സിന്റെ ദുഃഖത്തിൽ കണ്ണുനീര് വരുന്നുണ്ട് ദുഃഖം ഒരു ചൂടാണ് ശരീരത്തിൽ ചൂട് വരുമ്പോഴാണ് പ്രസിദ്ധ്യത സന്തപ്യത കണ്ണുനീര് വരുന്നുണ്ട് തേജസ്സേ അത് മനസ്സിലാക്കണ തേജസ്സൽ എന്നാണ് അപ്പൊ സാധാരണ ചിന്തിക്കും എങ്ങനെയാ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നത് ജലം അഗ്നി കൊണ്ട് അഗ്നി ജലം കൊണ്ട് നശിക്കുന്നതാണല്ലോ ജലം കൊണ്ട് നശിച്ചുപോകുന്ന ഒന്നാണ് അഗ്നി ആ അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായെന്ന് പറയുന്നതിന് എന്താ അർത്ഥം യുക്തി ആണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് തേജസ് എവിടെല്ലാം കാണുന്നുണ്ടോ പ്രത്യക്ഷമായിട്ട് അത് ജലത്തോട് ജലത്തോട് ചേർന്ന് കാണത്തുള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ ജലത്തിന് നിമിത്തമായിരിക്കുന്നു സ്ഥൂലമായ നിഷ്ണാന്തമാണ് പറഞ്ഞത് ഉഷ്ണം കൊണ്ട് വേർക്കുന്നു പറയുന്നു അത് ജലം കൊണ്ട് നശിക്കുന്നതാണ് പക്ഷെ അത് ജലത്തിന്റെ കാരണവുമാണ് അങ്ങനെയുള്ള തേജസ് തേജോ അതിജ ഇന്ത്യ തേജസിൽ നിന്ന് ആപോ ജലം അതുണ്ടാകും ശ്രുതി പറഞ്ഞത് തത്തേജോ അസ്രജത തേജ ഐഷ സ്വയം പ്രജീപ്ര തസ്ത്രേജോ അതിലുപരി അതിന് ശേഷം ജലമുണ്ടാവും പ്രീതി അന്നസൃജന്ത തസ്ത്ര വർഷത്തിനെ താപഹിഷന് വീണ്ടും ആ ജലസങ്കൽ ജലതിരങ്കം സങ്കല്പിക്കാൻ പറ്റും നേരത്തെ പോലെ ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് പൂർവദേവ എന്ന് പറഞ്ഞാൽ പറയുന്നു ആകാല സംസ്ഥിതം തഥക്ഷ ജലരൂപത്തിലുള്ള സത്ത് ജലത്തിന്റെ ആകാരത്തെ പ്രാപിച്ചിരിക്കുകയാണ് അത് സങ്കല്പിച്ചും ദർശിച്ചു ഈക്ഷ ദർശനം ബഹു പ്രഭൂത സാമ ഞാൻ ഫലത്തായി ജനിക്കട്ടെ ധാരാളമായി മാറട്ടെ ഭമ പ്രജായ उत्पद्ये ഹി ഉത്പത്തെമഹി ഞാൻ भवे ഭവിക്കട്ടെ പലതായി तीरटे പറയുന്നതിന് വേറെ കൊണ്ടെന്താണോ സൃഷ്ടിക്കും ഒരു സൃഷ്ടികർത്താവ് മനസ്സീകരിക്കുമ്പോൾ ആ സൃഷ്ടികർത്താവ് മറ്റെന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിച്ചൊന്ന് പറയാൻ പോയി കാരണം എന്തിനെങ്കിലും ആശ്രയിച്ച് സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ സൃഷ്ടി സംഭവിച്ചിരിക്കും ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പൊട്ടക്കഥകൾ പോലും അന്നവിട സൃഷ്ടിയെ കുറിച്ച് പറയുന്നു ഇവിടെ പറയുന്ന സൃഷ്ടിയുടെ തത്വമാണ് മറ്റതാദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചും പുരുഷനെ സൃഷ്ടിച്ചു പിന്നെ വരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ മണ്ണെടുത്ത് സൃഷ്ടിച്ചു മറ്റെടുത്ത് സൃഷ്ടിച്ചും ഇതെല്ലാം വെറും പൊട്ടക്കഥകളാണ് യാതൊരു ആധാരമില്ലാത്ത അത്തരം പൊട്ട കഥകൾ പുരാണങ്ങളിലുമുണ്ട് തന്നിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു സാധനത്തെ എടുത്ത് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പരമാവധമാണ് സാധ്യമാണ് കാരണം തന്നിൽ നിന്ന് വേറിട്ടൊന്ന് വേണമെങ്കിൽ സൃഷ്ടി സംഭവിച്ചിരിക്കും സൃഷ്ടി സംഭവിക്കുക അതങ്ങനെ അത് അങ്ങനെ സാധ്യമാണ് അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുന്ന എന്താണ് സൃഷ്ടി തന്നിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു താൻ തന്നെയാണ് പലതായി തീർന്നത് അത് താൻ തേജോ രൂപത്തിലിരുന്നു കൊണ്ട് പലതായി അതിന് ആ ആപരൂപം അടുത്ത ആപ ജലീയ രൂപത്തിലിരുന്നുകൊണ്ട് സ്വയം പലതായി സ്വയം പലതാകുന്നതാണ് സൃഷ്ടി എന്നാ മറ്റെന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് മണ്ണെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് എന്നുള്ള അതിനെ പ്രമാണമായി വിശ്വസിക്കുന്നവരുണ്ട് അതിന് ശാസ്ത്രമാണ് അതിനെ ശാസ്ത്രീയമായും വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇവിടെ അതെല്ലാം പറഞ്ഞു താൻ തന്നെ സ്വയം ജലീയനായി ഇരുന്നു കൊണ്ട് ജലമയനായിരുന്നു കൊണ്ട് സൃഷ്ടിച്ചു അടുത്ത് അടുത്തതിന് അതാണ് അതിനുവേണ്ടി That God is a him, well, it ു ദർശിച്ചു സൃഷ്ടിയെ അനുദാഹരണം പറയും പുലാലനും പാത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തൻ്റെ മനസ്സുകൊണ്ട് പാത്രത്തിൻ്റെ രൂപം ആകൃതി ഭാവം ഘനം എല്ലാം സങ്കല്പിക്കുന്നു എന്നിട്ട് അതുപോലെ സൃഷ്ടിക്കുന്നു അതുപോലെ സദക്ഷത ബുധുപ്രഭൂത സ്യമ്മ ഭവീമ പ്രജാ മഹീതി ഞാൻ എങ്ങനെ പലത്താകും ഞാനങ്ങനെ സൃഷ്ടിക്കും പലതായും ഞാനങ്ങനെ സൃഷ്ടിക്കും അങ്ങനെ അക്ഷത സങ്കല്പിച്ചു ഇത് ഏറ്റവും നല്ല വ്യക്തമായി മനസ്സിലാകും അവിടെ ഓരോന്നോരോന്നായിട്ട് സങ്കല്പിക്കാനാണില്ല പക്ഷേ സ്വയം ആ സൃഷൃത്തനായിരിക്കുന്നവൻ എവിടുന്നാ വളർന്നപ്പോ ഇതിലേക്ക് കണ്ടത് ഈ സംഭവങ്ങളെല്ലാം എവിടുന്ന് വന്നു അപ്പോൾ അസുഷത്തനായിരിക്കുന്നവൻ അസുഷത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ സ്വയം തന്നെ അന്നമയനായി അല്ലെങ്കിൽ എന്തെല്ലാം ഇവിടെ യുദ്ധം വിഹിതം എന്ന് അനുഭവപ്പെടുന്നുണ്ടോ ആ തദ്രൂപത്തിലെല്ലാം സ്വയം അതിൻ്റെ സമഷ്ടിയിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ യുദ്ധത്തെ ആശ്രയിച്ചുകൊണ്ട് താഴെ തന്നെ പലതായി മാറുന്നു അവിടെ പറഞ്ഞ് ചൈതന്യത്തെ ആശ്രയിച്ചു കൊണ്ട് അത് തന്നെ പലതായി മാറുന്നു ബഹുഹപ്രഭുദാശ്യാമ ഭവേമ അല്ലെ ജീവന ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അനുഭവിക്കണം കാണണം കേൾക്കണം രുചിക്കണം മണക്കണം ഈ താൽപര്യങ്ങൾ ഇതിനോട് ഇതിനെന്നെ ഗ്രഹിക്കുന്നു ഇതിനോട് പ്രാധാന്യപ്പെടുന്നു അത് തന്നെ സൃഷ്ടികളെ ഉണർവിൽ നിന്ന് ഉണർവിൽ മഹന്തയും ഇതെന്തെ ആശ്രയിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു അപ്പൊ സത്യന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ തന്നെ അനുഭവിക്കുന്നു അതാണ് ജാഗ്രത സംഭവിക്കുന്നു അതിന് സമാനമായി സമഷ്ടിയിൽ സൃഷ്ടിയിൽ സംഭവിക്കുന്നു ബഹുപ്രഭൂത അന്നം അസൃജന്ത അങ്ങനെ അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ജലം ആകുന്ന ഉപാധിയോടുകൂടി ആ ചൈതന്യം അന്നത്തെ സൃഷ്ടിച്ചു അന്നം എന്ന് പറഞ്ഞെന്താണ് പൃഥിവി പൃഥി അന്നമെന്ന് പറയുന്നു അല്ല ഭക്ഷിക്കുന്ന അന്നത്തെ അല്ല പറയും പൃഥി ഹി അന്നാര്യം അന്നച്ച വർഷത്തി ഭൂഷ്ടം പ്രഭൂതമുതിസൃജന പൃഥിരക്ഷണം പൃഥി ആകുന്ന അന്നത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്താ എൻ്റെ താൽപ്പര്യം പറയുന്നു പാർത്ഥിവസ്മാകാര്യം ജലകാര്യമാണ് ഈ അന്നം നമ്മൾ കഴിക്കുന്ന അന്നം അങ്ങനെ പാർത്ഥിവമായ അന്നം ജലകാര്യമാണ് ജലമില്ലാതെ അന്നം ഉണ്ടാകത്തില്ല ധാന്യങ്ങളും മറ്റും ഭക്ഷിക്കുന്നത് ജലത്തിൽ നിന്നുണ്ടായതാണ് തസ്മാ എത്രക്കൊറ്റ പക്ഷത്തി ദേശി എവിടെയാണോ വർഷം ഉണ്ടാകുന്നത് ജലം ഉണ്ടാകുന്നത് അത്രയും ഭൂയിഷ്ടം പ്രഭൂത അനുഭവം ഇവിടെ ധാരാളം അന്നമുണ്ടാകുന്നത് അതുകൊണ്ടാണ് ജലത്തെ അന്നത്തിന് കാരണമായി പറഞ്ഞത് അന്നം ജല കാര്യമാണ് എന്ന് പറഞ്ഞത് നമ്മൾ കഴിക്കുന്ന അന്നം അതുപോലെ അന്നമാണ് ഈ പൃഥ്വി നമ്മൾ കഴിക്കുന്ന ഈ പൃഥ്വി തന്നെ നന്നായിട്ട് കഴിക്കുന്നതിനും പാർത്ഥിവയല്ലോ കഴിക്കുന്നു സസ്യലതാദികളായല്ലാം കഴിക്കുന്നത് പക്ഷിളായെല്ലാം കഴിക്കുന്നത് ഒന്നിനു തന്നെ ഈ പാർത്ഥിവത്വത്തെ തന്നെ അതോ അധ്യ ഏവാത്തത് അന്നാദ്യപിരായതേ അതുകൊണ്ടെന്ത് വരുന്നു അന്നാദ്യം അധിക്കത്തക്കത് അന്നമായി അധിക്കത്തക്കതെല്ലാം അധ്യ ജലത്തിൽ നിന്നും ഉണ്ടാകുന്നു അതാണ് അടുത്ത് പറയുന്നത് അന്നഭവതി അധൈവത അധി അന്നാദ്യം ജാതി ജലത്തിൽ നിന്ന് അന്നാദ്യം ഉണ്ടാവും അദ്ധൈവത അന്നാദ്യം അഭിജാതി നേരത്തെയും പറഞ്ഞു അന്നം ഇവിടെ വീണ്ടും അന്നമെന്ന് പറഞ്ഞു എന്തായാലും വ്യത്യാസം പറയുന്നു അന്നം അസ്രജന്ത പൂർവം പൃഥ്വി യുക്താപൂർവം അന്നം അസർജന്ത അവിടെ അന്നു പറഞ്ഞുകൊണ്ട് പൃഥ്വിയാണ് പൃഥ്വി എന്ന് നിന്നുമ്പോൾ പറഞ്ഞു അന്നം ആദ്യം ചെയ്ത് വിശേഷണ ബ്രീഹിയവാഹ ഇവിടെ ദൃഷ്ടാന്തത്തിൽ അന്നാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഹിയവാദികൾ ധാന്യങ്ങൾ ജീവന്മാര് ഭക്ഷിക്കുന്നവർ അന്നാദ്യം മണ്ണ് ഭക്ഷിക്കാറില്ല സാധാരണ അന്നാദ്യം എന്ന് പറഞ്ഞാൽ ഗൃഹവാദികളെ സ്വീകരിക്കണം മനുഷ്യൻ അല്ലെങ്കിൽ ജീവന്മാർ ഭക്ഷിക്കുന്നത് പക്ഷി മൃഗാദികളെല്ലാം ഭക്ഷിക്കുന്നത് അന്നെ ഗുരു സ്ഥിരം ധാരണം കൃഷ്ണൻ ചെപത എന്ന് പറയുന്നത് എന്താണ് ഗുരുവാണ് ഗുരുത്വമുള്ളതാണോ ജലത്തെ അപേക്ഷിച്ച് ജലത്തിനും ഗുരുത്വമുണ്ട് പക്ഷെ ജലത്തെ അഗ്നിയാണെങ്കിൽ ഗുരുത്വം ഇല്ലാത്തതാണ് വെയിറ്റല്ല ഉണ്ടെടുത്ത് പറയുന്നു ഗുരു സ്ഥിരം സ്ഥിരതയുള്ളതാണ് ജലമെന്ന് പറയുന്ന ചന്ദന സ്വഭാവമുള്ളതാണ് ഒഴുകുന്നതാണ് അതങ്ങനെയല്ല ഭരണം മറ്റുള്ളവനെ ധരിക്കാൻ കഴിവുള്ളതാണ് കൃഷ്ണം കൃഷ്ണവർണ്ണമാണ് ജലത്തിൻ്റെ നേരെ വിപരീത വർണ്ണം ജലത്തിനെ സംബന്ധിച്ച് ശുക്ലവർണ തെളിഞ്ഞ വർണ്ണം സ്വച്ഛവർണം ഇവിടെ കൃഷ്ണൻ കറുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല സ്വച്ഛതയ്ക്ക് നേരെ വിരുദ്ധമായ നീ കാണുന്ന വർണ്ണങ്ങളെല്ലാം പൃഥ്വിയുടെ വർണ്ണങ്ങളാണ് സ്വരൂപത പ്രസിദ്ധം തേജപ്രതി ശ്രീകീഷ്ണെന്ന ഗീതെ വീണ്ടും ചോദ്യം വരുന്നു തേജ സൃഷ്ടിച്ചു ജനം വീക്ഷിച്ചു പൃഥ്വി വീക്ഷിച്ചു ഇതങ്ങനെ വീക്ഷിക്കാൻ പറ്റും സങ്കല്പിക്കാൻ അങ്ങനെ വഴിയതിന എന്തുകൊണ്ട് ഹിംസാദി പ്രതിഷേധാഭാവും വേദത്തിൽ ഹിംസെ നിഷേധിക്കുന്നു മാ ഹിംസ്യാദ് സർവഭൂതാനി നിഷേധിക്കുന്നു ഒന്നിനി കൊല്ലരുത് എന്തിനാവിടെ നിഷേധിക്കുന്നത് ചൈതന്യം ഉള്ളതിനെ കൊല്ലരുതെന്നാണ് പറയുന്നു ഹിംസയെ പ്രതിഷേധിക്കുക അപ്പം എവിടെയാണോ ചൈതന്യം ഉള്ളത് അവിടെ ഹിംസയെ പ്രതിഷേധിക്കുന്നു ഇവിടെ പറയുന്നത് പൃഥിവി ജലം അഗ്നി എന്നൊക്കെയാണ് അവിടെ ചൈതന്യമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹിംസയെ പ്രതിഷേധിച്ചിട്ടുമുണ്ട് അങ്ങനെ ഹിംസയെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വീക്ഷണം സംഭവിക്കുക സങ്കല്പ അഗ്നിക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും പൃഥ്വിക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും ജലത്തിനങ്ങനെ സങ്കല്പിക്കാൻ കഴിയും അതൊന്നും സാധ്യമല്ല തലാസാധികാരി അനുവലം ഭസ്റ്റ് എന്തുകൊണ്ടാണ് ശ്രുതി ഹിംസയെ നിഷേധിക്കുന്നത് ചിലരുപായും എന്തിനു ഹിംസ ഒഴിവാക്കണം ഹിംസ ഒഴിവാക്കിയാലും ജീവൻ നിലനിൽക്കണമെങ്കിൽ ഹിംസ കൂടാതെ സാധ്യമല്ല അപ്പൊ ജീവികളെ കൊല്ലരുതെന്ന് പറയുന്നു ആ പറയുന്നതിലും ദൈക്തി ഉള്ളത് ധാന്യങ്ങളിലും ജീവനും ഉണ്ടോ ധാന്യങ്ങളെ പാകം ചെയ്യുമ്പോൾ അവിടെ ഹിംസയുണ്ടല്ലോ അപ്പൊ പിന്നെ സസ്യഭുക്കിനങ്ങനെ ഹിംസയൊഴിവാക്കാൻ പറ്റും വേദത്തിൽ ഹിംസ നിഷേധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഹിംസയെ ജീവിക്കണമെങ്കിൽ ഹിംസയെ പ്രാണികളെ കൊല്ലത്തു നിന്ന് ഒഴിവാക്കിയാലും സസ്യത്തെ ഭക്ഷിക്കേണ്ടി വരും ഭക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ ഹിംസ വരും അഹിംസ എന്ന് പറയുന്നതിലർത്ഥം ഇപ്പൊ ശ്രുതി നിഷേധിച്ചത് ശ്രുതി നിഷേധിച്ചിട്ടില്ലെങ്കിലും അത് പ്രായോഗികമല്ല കാരണം പറയും ഉരുളക്കിഴങ്ങ് കഴിക്കാമെങ്കിൽ എന്തുകൊണ്ടും മുട്ട വെച്ചു കൂടിയും രണ്ടിൻ്റെ ഉണ്ണിനും ജീവനും ഒന്ന് മാത്രം പറയും ഹിംസയാണ് മറ്റുള്ളത് ഹിംസയല്ലാതെ സസ്യഭക്ഷണത്തിന് സസ്യഭക്ഷണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇതാണ് മാഹിംസ്യ സർവഭൂതാനി ഒരു പ്രാണികളെയും കൊല്ലരുത് എന്നുള്ളതാണ് ഒരിക്കലും സസ്യബുക്കാകാൻ കഴിയത്തില്ല എന്റെ പേരിൽ പറഞ്ഞാൽ സസ്യബുക്കായാലും ഹിംസ വേണ്ടി വരും അതുകൊണ്ട് കിട്ടുന്ന എല്ലാത്തിനെയും തിന്ന എന്ന് പറയുന്നവരുണ്ട് ഹിംസ നിഷേധിച്ചിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടെ ഇപ്പൊ പറയും ഭക്ഷ്യക്കാരൻ സൂചിപ്പിക്കുന്നുണ്ട് പ്രാണികളെ കൊന്നു കഴിഞ്ഞാൽ ഹിംസയാകുന്നു സസ്യങ്ങളെക്കൊന്നാൽ ഹിംസയാകുന്നില്ല എന്നുള്ളത് ത്രാസാധികാരി അനുബലംഭ എവിടെയാണോ പ്രത്യക്ഷമായി ത്രാസം തുടങ്ങിയത് കാണുന്നത് അതിനെ ഹിംസിക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് ഭയം ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് പ്രത്യക്ഷമായി കാണുന്നത് അത് പ്രത്യക്ഷമായി കാണുന്ന എവിടെയാണ് സസ്യ ലതാകില്ലല്ല അതിലുണ്ടായിരിക്കും പക്ഷെ നമുക്കത് പ്രത്യക്ഷമല്ല അപ്പോ ജീവനിലൊന്നാണ് മനുഷ്യൻ മനുഷ്യന് അറിയാം അവന്റെ ഭയം തന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോ നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അതിനെ ഭയത്തുന്നു ഈ ത്രാസം എങ്ങനെയാണോ മനുഷ്യന് സ്വയം പ്രകടമായിരിക്കുന്നത് അതുപോലെ ദുഃഖം ഏത് പ്രാണിയെ കൊല്ലാൻ ശ്രമിച്ചാലും മനുഷ്യനെ പോലെ തന്നെ അത് ത്രാസമുണ്ടാവും ദുഃഖമുണ്ടാവും അതിന് കണ്ണുനീര് വരും അത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും മുഖ്യമായിട്ടും ഈ വികാരങ്ങളാണ് ത്രാസ ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷമാണ് അപ്പോൾ തന്നെ ഹിംസിക്കുന്നത് അനിഷ്ടമാണതുകൊണ്ടാണ് തന്നിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നത് ത്രാസം ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ തന്നിലുണ്ടാകുന്നു തന്നെ തന്നെ കുറിച്ചുള്ള ഹിംസ തനിക്ക് അനിഷ്ടമായതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇതേ വികാരങ്ങൾ പ്രകടമാകുന്ന പ്രാണികളിലും സംബന്ധിച്ചും അവയുടെ ഹിംസ അവയ്ക്ക് അനിഷ്ടമാണ് അതുകൊണ്ടാണ് മാഹിംസയാ സർവാഭൂതാനി ദുഃഖം തുടങ്ങിയ പ്രകടമാകുന്ന ജീവികളെ കൊല്ലരുതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വൈദിക രീതി അനുസരിച്ച് ഹിംസ എന്ന് പറയുന്നത് ത്രാസദുഃഖാദികൾ പ്രത്യക്ഷമാകുന്ന പ്രാണികളെ കൊല്ലുന്നതാണ് സസ്യങ്ങളെ കൊല്ലുന്ന ഹിംസ ഞാനെല്ലാം നിഷേധിച്ചിരുന്നു എന്തുകൊണ്ട് കാരണം അത് മനുഷ്യനുമായി മനുഷ്യനൊരു പ്രാണിയാണ് ആ മനുഷ്യനുമായിട്ടതിന് സാദൃശ്യമുണ്ട് മനുഷ്യനുള്ളതുപോലെ തന്നെ വികാരങ്ങൾ അത് പ്രകടമാക്കുന്നു അപ്പോൾ മനുഷ്യൻ അപ്പോൾ അത് തീരുമാനിക്കുന്നതാണ് ഇത്തരം വികാരങ്ങൾ തന്നിൽ പ്രകടമാകുന്നു അതുകൊണ്ട് ഹിംസ തന്നെ സംബന്ധിച്ച് അനിഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരം വികാരങ്ങൾ പ്രകടമാകുന്ന പ്രാണികളെ സംബന്ധിച്ച് ചികിത്സ അനിഷ്ടമാണ് കൊണ്ടതിനെ കൊല്ലാൻ പാടില്ല ഭക്ഷണത്തിന് വേണ്ടി കൊന്നു തിന്നാൻ പാടില്ല സസ്യങ്ങളിൽ ദുഃഖം ത്രാസം തുടങ്ങിയ പ്രത്യക്ഷമല്ല ഒരുപക്ഷെ അതിൻ്റെ അകത്തുണ്ടായിരിക്കും പ്രത്യക്ഷമല്ല എന്നുവെച്ചാൽ അത് അനിഷ്ടത്തെ അതാണ് ജീവന് അതിന് കഴിവുള്ളൂ മനുഷ്യനും മറ്റു പ്രാണികൾക്കും കഴിവൊണ്ടെന്നാണ് അനിഷ്ടത്തെ ബോധിപ്പിക്കുന്നത് അനിഷ്ടത്തെ ബോധിപ്പിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു സസ്യത്തെ ഹിംസിക്കുമ്പോൾ അത് അനിഷ്ടത്തെ ബോധിപ്പിക്കുന്നു അത് അനിഷ്ടത്തെ ബോധിപ്പിക്കുന്നു ഒരാൾക്ക് ബോധ്യപ്പെടുകയാണ് അതിനെ ഹിംസിക്കേണ്ട അനിഷ്ടം എവിടെ ബോധ്യപ്പെടുന്നു അവിടെ നാശം പാടില്ല മാഹിംസ്യ അതാണ് അതുകൊണ്ട് തർക്കത്തിനസാധാരണ പറയാറുണ്ട് സസ്യങ്ങളെ കഴിച്ചുകഴിഞ്ഞാലും ഹിംസയാണ് അതുകൊണ്ട് ഹിംസ ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രാണികളെയും കൊന്നത്തില്ല കാളെയും പോകത്തിനേകത്തില്ല സസ്യ ഭക്ഷണം അഹിംസയാണെങ്കിൽ ഇതും അഹിംസയാണെന്നെല്ലാം പറയും പക്ഷെ അതല്ല അത് ആരെങ്കിലും അനിഷ്ടത്തെ ബോധിപ്പിക്കുകയാണെങ്കിൽ ഹിംസിക്കാൻ പാടില്ല അത് മനസ്സിലാക്കുന്നെങ്ങനെ തന്നോട് മനുഷ്യജീവിയോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് തനിക്ക് അനിഷ്ടമായിരിക്കുന്നത് ഭരണോടും ആചരിക്കാൻ പാടില്ല അതാണ് അഹിംസയുടെ തത്വം കൊല്ലാതിരിക്കുന്നതിന്റെ അഹിംസ പലതരത്തിലുണ്ട് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഇവിടെ തന്നെ ഉദ്ദേശിക്കുന്നത് ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന ഹിംസ ആ കൊല്ലുന്ന ഹിംസ സസ്യാദികളെ ഹിംസിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിംസയില്ല പക്ഷെ മൃഗാദികളെ മനുഷ്യനെ അനിഷ്ടം പ്രകടിപ്പിക്കുന്ന അനിഷ്ടം ഒരു വികാരമായി പ്രകടിപ്പിക്കുന്നതിനെ കൊന്നുകഴിഞ്ഞാൽ ഹിംസയുണ്ട് അപ്പം അവിടെ മനസ്സിലാക്കാത്തതാണ് അവിടെ ദർശനമുണ്ട് ഈക്ഷണമുണ്ട് സങ്കല്പുണ്ട് ഒരു സസ്യത്തെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് സങ്കല്പിക്കുന്നു പരമാർത്ഥത്തിൽ അതൊക്കെ സൂക്ഷ്മമായോടെ ഉണ്ടായിരിക്കും പക്ഷെ അത് പ്രത്യക്ഷം പ്രകടിപ്പിക്കുന്നില്ല അനിഷ്ടത്തെ പ്രകടിപ്പിക്കുന്നില്ല അഹിംസ എന്ന് പറയുന്ന മൃതത്തെ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിംസത്തെ ഹിംസ ഒഴിവാക്കുന്നത് മത്സ്യമാംസാതി ഭക്ഷണങ്ങൾ സാധകന്മാരെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നു മാഹിംസ സർവഭൂത സസ്യാഹാരം ഹിംസ അല്ല ീ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ജീവന്റെ നനനിൽപ്പസാധ്യമായിത്തീരും കാരണം ജീവൻ പ്രദിക്ഷണം അനേക സൂക്ഷ്മജീവികളെ ഹിംസിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല ശരീരം ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ തന്നെ സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കും അണുക്കളും പറ്റും അതുകൊണ്ടാ അത് ഒഴിവാക്കുന്നതല്ല അഹിംസ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും വിഡിതമായി ബുദ്ധിശൂല്യത വരും ശ്രീ കുറയുന്ന അഹിംസാണ് അഹിംസാവതം എവിടെയാണോ ഈക്ഷണമുള്ളത് അവിടെ ഹിംസ നിഷേധിച്ചിട്ടുണ്ട് അതത്വത്തിൽ നിന്നുകൊണ്ട് ഭാഷകാലം പറഞ്ഞു ദർശനം എവിടെയാണോ ഉള്ളത് സങ്കല്പം എവിടെയുള്ളതാണോ അവിടെ ഹിംസ നിഷേധിച്ചത് അത് കാണുന്ന ജീവികളിലാണ് മനുഷ്യനും മറ്റു പ്രാണികളിലും ഭക്ഷ്യമൃഗാദികളിലുമാണ് സങ്കല്പുള്ളത് അവിടെ നിഷേധിച്ചു ഇവിടെയാണെങ്കിലോ തേജസ്സിനെ ഹിംസിക്കരുതെന്ന് വേദം വിരിച്ചിട്ടില്ല മാ ഭൂതാനി പ്രാണികളെ ഹിംസിക്കരുതെന്നേ കാണു ഭ്രാസാദിക്കാരി അത്ഭുത തേജസ്സിനെ നശിപ്പിക്കുന്നു അത് ഭയക്കുന്ന കാണുന്നില്ല തത്ര കഥം തത്തേജാക്ഷരതിന് എങ്ങനെ അതിന് ഈക്ഷണം ഉണ്ടാകും സങ്കല്പമുണ്ടെങ്കിൽ മാഹിംസ്യ തേജ എന്ന് പറഞ്ഞ അത് നമ്മൾ നേരിട്ട് കാണുന്നുള്ള ഭയം ആന്തരികമായ സങ്കല്പത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ഭയം നമ്മൾ കാണുന്നത് ഇതൊന്നും തേജസ്വി കാണുന്നില്ല പിന്നെ എങ്ങനെ തേജസ്വിന് സങ്കല്പിക്കാൻ പറ്റും ജഡമായ തേജസ് സങ്കല്പം എങ്ങനെ വരും ചൈതന്യമായ ജീവനെപ്പോലെ എന്നാണ് ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈക്ഷണത്തെ പറഞ്ഞത് ദർശനം സങ്കല്പം അപ്പൊ അങ്ങനെയും ധരിച്ചറിയുന്നത് എന്താണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് അറിയാമായിരുന്നില്ല ധരിക്കുന്നു ഇവിടെ തേജസ്സിന് പോലും ജീവനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ സസ്യങ്ങൾക്ക് ജീവൻ ില്ല എന്നിങ്ങനെ പറയും ജീവനുണ്ട് പക്ഷേ അതിനെ നശിപ്പിക്കുന്ന ഹിംസയില്ല അനിഷ്ടം അത് പ്രകാശിപ്പിക്കാനതിനു ശേഷിയില്ല അത് വികാസത്തെ പ്രാപിക്കാത്ത ജീവനാണ് അതിനെ നശിപ്പിക്കുന്നതുകൊണ്ട് ഹിംസേയില്ല ഒരു തരത്തിലും ഹിംസയില്ല ഇവിടെ വ്യക്തമാകും ഈ സന്ദർഭത്തിൽ മാംസബുക്കുകളുടെ ന്യായമില്ല പൂർണ്ണമായി അഹിംസ പാലിക്കാൻ സാധ്യമല്ല സസ്യങ്ങളെ ഭക്ഷിച്ചാലും അഹിംസയാകും അതുകൊണ്ട് എല്ലാം ഭക്ഷിക്കും സസ്യവും മത്സ്യവും മാംസവും എല്ലാം ഭക്ഷിക്കാറുണ്ട് അത് ശാസ്ത്രപ്രമാണമല്ല പിന്നെ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പക്ഷേ അത് വ്യക്തി സ്വാതന്ത്ര്യം അത് മറ്റു കാര്യം മനുസ്മൃതിയിൽ അത് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് മാംസഭക്ഷണം മൈഥുനം പോലെയുള്ള കാര്യങ്ങൾ സർവപ്രാണികൾക്ക് സഹജമാണ് നിദ്ര ഇതൊക്കെ നിരന്തര ഇതിൽ മുഴുകുന്നത് ദോഷമുണ്ട് പ്രാണിധർമ്മം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇതൊന്നും ദോഷമുണ്ടോ പോത്തനത്തിൽ നിന്ന് ദോഷമുണ്ട് ദഹിക്കുമെങ്കിൽ കഴിക്കാം പിന്നെന്താ ശാസ്ത്രം ഹിംസയെ ഒക്കെ നിഷേധിച്ചോണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നു അത് ഒഴിവാക്കുന്നുണ്ട് മഹത്തായ ഗുണമുണ്ട് പശുപക്ഷി സാധാരണമായിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കിയാൽ അത് ഗുണം ചെയ്യും ഒരുപാട് ഗുണം ചെയ്യും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഹിംസയെ പ്രതിഷേധിച്ചത് അപ്പൊ തേജസ്സിനെങ്ങനെ സങ്കല്പിക്കാൻ കഴിയും അതിനെ ഹിംസിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അതിൽ ഭയത്രാസാദ്യം കാണുന്നില്ല എന്ന് വെച്ചാൽ ജഡമാണോ അതെങ്ങനെ സങ്കല്പിക്കും ഒരള സംസാരിക്കുന്നു ഈജപ്രഭൃതി നാം സദയവൃ നീതക്രമവിശിഷ്ടക്കാരി ഉത്പാദകത്വ തേജപ്രഭൃതി ഇവ ഈക്ഷത പ്രത്യച്ചതേ ഭൂതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കിയുമായി കാണുന്നു ഈ തേജസ് അതല്ല അന്വേഷിക്കുന്നത് തേജസ് എന്ന് പറയുന്നത് എന്താണ് ഈ നാമരൂപമാണോ നാമരൂപമാണെങ്കിൽ അത് വീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ആ തേജസ് സത്താണ് ഒൻപ് അതാണ് ചർച്ച ചെയ്യുന്നത് അത് സത്തായതുകൊണ്ട് അതിനെ രീക്ഷിക്കാം സങ്കല്പിക്കാം അതിനെ ദർശിക്കാം സത്ത് തന്നെയാണ് ഇനി അതിന് കേവലം നാമരൂപം കേവലം നാമരൂപം എന്ന് വെച്ചാൽ അതിന് സത്തായി സ്വീകരിക്കുന്നു നമ്മൾ സാധാരണ പറയുന്നത് മിഥ്യ എവിടെയാണ് നമ്മൾ മിഥ്യ എന്ന് പറയുന്നത് ഒരാൾ പറയുന്നു ഈ തേജസ് അപ്പ് ഭൂമി ഇതെല്ലാം നാമരൂപങ്ങളാണ് സത്തല്ല എന്ന് പറഞ്ഞാൽ മിഥ്യ സത്തെന്ന് പറഞ്ഞാൽ മിഥ്യയില്ല അപ്പോൾ ഈ തേജസ്സിന് സത്തല്ല എന്ന് പറയുകയാണെങ്കിൽ മിഥ്യ അതിനെ സങ്കല്പിക്കാൻ കഴിയില്ല പക്ഷെ സത്താണെങ്കിൽ അത് സങ്കല്പിക്കാം കാരണം സത്തിൻ്റെ സ്വഭാവമാണ് വീക്ഷണം ദർശനം ണാമത്വ ഈതാവാണോ പരിണാമിച്ചത് പരിണാമിച്ചിങ്ങനെ സത്തായത് ആരായീക്ഷ അങ്ങനെയാണ് ഈ തേജസ് മറ്റും ഉണ്ടായത് സത് ഏവ ഈതഹ നീതക്രമവിശിഷ്ട കാര്യോത്പാദകത്വ സൃഷ്ടിക്കുന്ന ആരാടെ പറയുന്നു തേജസ് സങ്കല്പിച്ച് സൃഷ്ടിച്ചു ജലം സങ്കല്പിച്ച് സൃഷ്ടിച്ചു ഭൂമി സങ്കല്പിച്ച് സൃഷ്ടിച്ചു ഇവർക്കൊക്കെ സൃഷ്ടിക്കാൻ കഴിയും സൃഷ്ടിക്കൊരു നിയതമായ ക്രമം ഉണ്ടെന്ന് വെച്ചാൽ നിയതമായ നിയമം വ്യവസ്ഥയിൽ ആ സൃഷ്ടി സംഭവിക്കും അങ്ങനെ ഊഷ്ണമായും ജലം ശീതമായും ഇരിക്കുന്ന നിയമമാണ് ആരുടെ നിയമം സത്തിന്റെ നിയമം ആ സത്തിന്റെ സങ്കല്പത്തിൽ ദർശനത്തിൽ നിയമങ്ങളല്ല ശിഷ്ട നിശ്ചിതമായ ക്രമങ്ങൾ തത്വങ്ങളിലെല്ലാം പാലിച്ചുകൊണ്ടാണ് സൃഷ്ടി കർശനമായ നിയമവ്യവസ്ഥകൾ അവിടെ പാലിക്കുന്നത് ആണ് നിയതക്രമവിശിഷ്ട കാര്യോത്പാദകത്വ ആ കർശന നിയമവ്യവസ്ഥ പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വസ്തുവിന്റെ സ്വഭാവത്തിന് സൃഷ്ടിയിൽ മാറ്റം സംഭവിക്കാതെ ഒരു നിയമം സൂക്ഷിക്കുന്നുണ്ട് അനന്തമായി ഇതിങ്ങനെ അനാദ്യ അനന്തമായി പരിണമിച്ചിട്ടും വസ്തു സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല നിയമമില്ലെങ്കിൽ അതങ്ങനെ സാധ്യമാകും അങ്ങനെ ഉഷ്ണമായും ജലം ശീതമായും പ്രതി കഠിനമായും തന്നെയിരിക്കുന്നു അതാണ് നീതക്രമവിശിഷ്ടകാര്യ ഉത്പാദകപ്പുവാച്ച് ഇവര് നിയമം നിലനിർത്തണമെങ്കിൽ ഒരു നിയാമകനുണ്ടായു തീരുവല്ല ഈ നിയമം അത് വന്നു കഴിഞ്ഞാൽ സൃഷ്ടി അവ്യവസ്ഥിതമായി ഓരോ നിയാമകനിലൂടെ ഇല്ലയെന്ന് വന്നു കഴിഞ്ഞാൽ നാളെ അഗ്നി തണുത്തിരിക്കും ഇന്ന അഗ്നി ഇന്ന് ജലശീലമായിരിക്കും നാളെ ചൂടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൃഷ്ടി അസ അസംബന്ധമായി ഇപ്പം സൃഷ്ടിയിൽ കാണുന്ന എല്ലാ വൈദ്യുത്യങ്ങൾക്കും നന്മയ്ക്കും തിന്മയ്ക്കും ധർമ്മത്തിനും അധർമ്മത്തിനും എല്ലാം വ്യക്തമായൊരു നിയമവ്യവസ്ഥയുണ്ട് ഇത് സത്തിൽ നിന്നേ സാധ്യമാവും ജഡത്തി സാധ്യമാകുന്ന നമ്മുടെ അനുഭവത്തിലില്ല കുലാലനെ പാത്രത്തെ സൃഷ്ടിക്കാൻ പറ്റിയ ഒരിക്കലും ഒരു പാത്രത്തിനും മറ്റൊരു പാത്രത്തെ സൃഷ്ടിക്കാൻ സാധ്യമേ അല്ല അങ്ങനെ സംഭവിക്കത്തില്ല എന്തുകൊണ്ട് കുലാലൻ സത്താണ് സത്തിന് ദർശനമുണ്ട് ദർശനം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും തേജ പ്രകൃതീക്ഷത അതുകൊണ്ട് തേജസ് സൃഷ്ടിച്ചു എന്നുള്ള നാമരൂപാത്മകമായ തേജസ്സിനെയാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിച്ചതെന്ന് മുഖ്യ അർത്ഥം കൊണ്ടിട്ടില്ല അവിടെ തത്താണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കണം സൃഷ്ടിച്ചതേ ഭൂതം ഭൂതം പ്രതിപിച്ചതേ ഭൂതം പ്രതി തേജസ് അഗ്നി വായു തുടങ്ങിയ ഭൂതങ്ങളെ സംബന്ധിച്ചാണ് സിട്ടിയെക്കുറിച്ച് പറയണമെങ്കിൽ അത് ഗുണമായി പറയാണ് മുഖ്യം അല്ല നമ്മൾ മിഥ്യ എന്ന് പറയുന്നതാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ തേജസ്സിൽ നിന്നും ഒക്കെ സത്തിനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെയുള്ളത് മിഥ്യ എന്താണ് കേവലം നാമരൂപം തേജസ്സിനെ മറ്റു സത്തിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ പിന്നെ മിഥ്യെന്നേ പറയണം തേജസ് തുടങ്ങിയ ഈ പ്രപഞ്ചത്തിൽ ഇത് സത്ത് തന്നെയാണ് അതിനാണ് അത് വീക്ഷിച്ചത് എന്ന് പറയുന്നതിന്റെ താല്പര്യം അപ്പൊ മിഥ്യ എന്ന് പറയുന്നതിനും അർത്ഥമുണ്ടോ എപ്പോഴാണ് അർത്ഥം വരുന്നത് എപ്പോഴാണോ നമുക്ക് ഇതിനെ സത്തായി ഗ്രഹിക്കാൻ കഴിയാത്തത് അപ്പൊ ഇത് മിഥ്യാണ് ആ സത്തായി എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും പുസ്തകത്തെ സത്തായിട്ട് എങ്ങനെയാ ആഗ്രഹിക്കുന്നു പുസ്തക സത്തായിട്ട് അനുഭവപ്പെടുന്നു ആ സത്തായിട്ടുള്ള ആ സത്താണ് പരമാർത്ഥായിട്ടുള്ളത് അതുകൊണ്ട് പുസ്തകത്തെ സത്തായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് മറിച്ചൊരു രീതിയിൽ ഗ്രഹിക്കുന്നില്ല പിന്നെ ഒരാള് പറയുന്നു ഞാൻ സത്തായിട്ടല്ല പറയുന്നു പിന്നെന്താ നാമരൂപമായിട്ട് അത് നിന്റെ ഗ്രഹണം മിഥ്യ ആ സ്വത്താണ് സ്വത്തായിട്ടാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പുസ്തകം നമ്മളെ ബോധിപ്പിക്കുന്നിങ്ങനെ സ്വത്തെന്നാണ് ഞാൻ സ്വത്താണ് സ്വത്താണ് അപ്പൊ പുസ്തകം കാണുന്നവനങ്ങനെയല്ല ഗ്രഹിക്കാൻ പറ്റും അത് നമ്മളങ്ങനെ ബോധിപ്പിക്കുന്നത് ഞാൻ സ്വത്താണ് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും നമ്മളെ ബോധിപ്പിക്കുന്നത് സത്വസത്വമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് കാണിച്ചിരിക്കും ഇത് അസത്തെന്ന് ബോധിപ്പിക്കുന്നു ഈ പണി മതിയാക്ക ഒരു വസ്തുവിനെ എടുത്ത് കാണിക്കും അസത്തെന്ന് ബോധിപ്പിക്കുന്ന ഒരു വസ്തുവിനാണ് ഇത് പ്രപഞ്ചത്തിനങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തോ അങ്ങനെ സത്തിന് പരിചയമില്ലെന്ന് ഇങ്ങനെയാ പറയുന്നു അങ്ങനെയാ ബോധിപ്പിക്കുന്നു സർവവസ്തുക്കളും അങ്ങനെയാ ബോധ്യപ്പെടുന്നു പക്ഷെ എന്നാലും നമ്മളിത് മാമരൂപാത്മാവേ ഗ്രഹിക്കുന്നു അങ്ങനെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹണം നിശ്ചയം അജ്ഞാനം മായ അല്ലെങ്കിൽ അതിന്റെ കാര്യം എന്നെല്ലാം പറയുന്നു അതുകൊണ്ട് ശ്രീയുടെ വിവക്ഷിക്കുന്നതാണ് സത്താണോ നാമരൂപാത്മകമായിരിക്കുന്നത് സർവവും സത്താണ് മിഥ്യ ആർക്കെയുള്ളൂ സത്തിനെ ബോധിക്കാത്തവന് മാത്രമേ മിഥ്യുള്ളൂ എന്നുള്ളവൻ അവൻ പറയുന്ന ഇത് സത്തല്ല പിന്നെന്താ ഇത് നാമരൂപമാണ് എന്നാൽ ഇതിൻ്റെ ആധാരണ മിഥ്യ അതുകൊണ്ട് ആ സദ്ദർശൻ സത്തിൻ്റെ ദർശനം അതാണ് പരമാവധി സത്തിൻ്റെ സ്വഭാവമാണ് എങ്ങനെ സംഭവിക്കുകയും സത്തിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ ജീവൻ ജീവന്റെ ദർശനം എന്തു പറയുക ശരീരത്തിൻ്റെ ദർശനമാണോ എന്താ ഈ ശരീരവുമായി ബന്ധമില്ലാതിരിക്കുന്ന സ്വപ്നത്തിനുമുണ്ട് ആ ദർശനം ആ ശരീരമായിട്ട് ബന്ധമില്ലാത്ത ഇവിടെയുണ്ട് ഈ ദർശനം ഇത് ശരീരധർമ്മമുണ്ട് സത്തിന്റെ ധർമ്മമാണ് സത്തിന്റെ ധർമ്മം എന്ന് അങ്ങനെ പറയാൻ പറ്റും സത്തിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് അദ്വൈന നിർഗുണം നിർഗുണമായത് എങ്ങനെ ദർശനമുണ്ടാവും നന്മ സതോപി ഉപചരിതമേ വീക്ഷത്തിരുത്തും സത്ത് ദർശിച്ചു എന്ന് പറയുന്നതും ഗൗണമായിട്ടാണ് മുഖ്യമായിട്ടുള്ള സത്തിലതങ്ങനെ സംഭവിക്കൂ പറയുന്ന ശരിയല്ല സത്തിലത് സംഭവിക്കൂ സത്തില് എങ്ങനെ ദർശനം സംഭവിക്കുന്നുള്ളതല്ല സത്തിൽ ദർശനം മാത്രമേ സംഭവിക്കത്തുള്ളൂ മറ്റൊന്നും സംഭവിക്കുന്നുള്ളൂ സത്തിലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്തുകൊണ്ട് അത് ദർശന സ്വഭാവമായതുകൊണ്ട് ആ സത്തിൽ നിന്ന് വേറെയാണ് ദർശനമെന്ന് കരുതുന്നോണ്ടാണ് ആ ചോദ്യം തരുന്നത് പിന്നെ നിർഗുണമെന്ന് പറയുന്നുണ്ട് ഭാഷികാരൻ നിർഗുണം നിർഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്ന ഈ നാടൻ ഭാഷയിൽ അവനൊരു നിർഗുണനാണ് എന്ന് കേട്ടു കേട്ട ആ ഒരു അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ മനസ്സിലെന്ന് വെച്ചാൽ ശാസ്ത്ര സംസ്കാരമില്ലാത്ത അവനൊരു നിർഗുണനാണെന്ന് വെച്ചാൽ അവർ ഒന്നിനും കൊള്ളാത്തവൻ ദുർഗുണവും ഇല്ലാത്തവൻ അതുപോലെ ആത്മാവ് നിർഗുണമായാൽ അതിൽ ദർശനം പോലുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു അത് ഇത് വച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിർഗുണം നിർഗുണമെന്ന് പറയുന്നത് കാരണം ആത്മാവ് സഗുണമാണെന്ന് ചിലർ ധരിക്കുന്നു സഗുണമെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൽ ഗുണങ്ങളുണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ് അതിൽ ഗുണങ്ങളുണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു ആത്മാവിനുള്ള ഗുണം എന്താണ് ജ്ഞാനം ആത്മാവിന്റെ ഗുണമാണ് ഇച്ഛ ആത്മാവിന്റെ ഗുണമാണ് കൃതി അല്ലെങ്കിൽ പ്രയത്നം ആത്മാവിന്റെ ഗുണമാണ് ധർമാധർമ്മം അല്ലെങ്കിൽ സംസ്കാരം ആത്മാവിന്റെ ഗുണമാണ് സുഖം ആത്മാവിന്റെ ഗുണമാണ് ദുഃഖം ആത്മാവിന്റെ ഗുണമാണ് ഇതൊക്കെ ന്യായവൈശേഷികന്മാരുടെ സിദ്ധാന്തമാണ് അപ്പോൾ ഏതൊക്കെ ഗുണങ്ങളാണോ അവർ ആത്മാവിന്റെ ആരോപിച്ചിരിക്കുന്നത് ആ ഗുണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിർഗുണമെന്ന് പറയുന്നത് അല്ല നമ്മൾ ധരിക്കുന്ന തരത്തിൽ നിർഗുണൻ എന്നുള്ള അർത്ഥത്തിലല്ല ദുർഗുണമില്ലാത്തർത്ഥത്തിലാണ് ഏത് ഗുണങ്ങളെ ആരോപിച്ചോ നിഷേധിക്കാം അപ്പോ അവർ പറയും ഞാനും ആത്മാവിന്റെ ഗുണമാണ് നിഷേധിക്കുന്നത് നിർഗുണമെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവൻ ജ്ഞാനം എന്ന് പറയുന്ന ഗുണമില്ല എന്നാണ് മറിച്ച് ആത്മാവ് സ്വയം ജ്ഞാനമാണോ എന്ന് പറയുമ്പോൾ നിർഗുണത്തിനെതിരല്ല ആത്മാവൻ ജ്ഞാനം സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു എന്നോട് തന്നെ നിഷേധിക്കാനാണ് നിർഗുണമെന്ന് പറയുന്നത് അല്ല ആത്മാവ് ജ്ഞാനമല്ലെന്ന് പറയാൻ വേണ്ടിയല്ല അത് പൂർവോക്ഷം മനസ്സിലായാലേ സിദ്ധാന്തം മനസ്സിലാവും സഗുണമെന്ന് പറയുന്നത് പൂർവോഷം നിർഗുണമെന്ന് പറയുന്നത് സിദ്ധാന്തം സഗുണം എന്തെന്ന് മനസ്സിലാകാതെ ഇങ്ങനെ നിർഗുണം മനസ്സിലാവും നമ്മളെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും പാടർത്ഥം നമ്മൾ ഗ്രഹിക്കും ലൗകീയമായ അടക്കം അതല്ല അപ്പോൾ സത്തിൽ ദർശനമുണ്ടാകാമോ അത് എന്ന് ചോദിച്ചാൽ അതിന്റെ താല്പര്യ ഇതുമാണ് സത്യനിർഗുണമാണെങ്കിൽ അതിലങ്ങനെ ദർശനം ഉണ്ടാകുന്നു അത് ഏതുപോലെ സമുദ്രത്തിൽ തിരയുണ്ടാകാമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് സമുദ്രത്തിൽ തിരയുണ്ടാകാൻ പാടില്ല എങ്ങനെയാണെങ്കിൽ സമുദ്രത്തിൽ നിന്ന് വേറിട്ടാണ് തിരയിൽ അതിന് തിരയുണ്ടാകാൻ പാടില്ല അലകൾ ഉണ്ടാകാൻ പാടില്ല സമുദ്രം എന്ന് പറയുന്നത് എന്താ ജലമാണ് അതാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തിര ജലത്തിൽ നിന്ന് വേറിട്ടല്ലെങ്കിൽ ജലത്തിൽ തിരയുണ്ടാകാം എന്താ ദോഷം ഒരു ദോഷമുണ്ടോ തിരയും ജലം തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് സത്ത് ജ്ഞാനസ്വരൂപമാണ് അതിൽ ദർശനമുണ്ടാകുന്നതിന് ദോഷമില്ല അത് സമുദ്രത്തിലെ തെരപോലെ തന്നെ രണ്ടും ജലമാണ് അതുപോലെ ഈ സത്ത് ജ്ഞാനമാണ് അതിനുണ്ടായ സങ്കല്പവും ജ്ഞാനം തന്നെ വ്യത്യാസമില്ല ബദ്ഗുണമല്ല അതിയുക്തി കൂടാതെ ശ്രുതിയും പറയുന്നു സതീക്ഷണത്യ കേവല ശബ്ദഗംബ്യത്വമാണ് അത് കേവല ശബ്ദഗമ്യമാണ് ഇതൊക്കെ ആരറിഞ്ഞു ഒരു സത്തുണ്ടായിരുന്നു പ്രളയകാലത്ത് സ്വത്ത് മാത്രമായിരുന്നു അവിടെ നിന്ന് ആ സത്ത് സങ്കല്പിച്ചു സൃഷ്ടിയുണ്ടായി ഇത് കേവല ശബ്ദഗമ്യമാണ് അത് ശ്രുതിയിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അല്ല എങ്ങനെ മനസ്സിലാക്കുന്നു ശക്യം എന്ന ശക്തിപ്പ് ചെയ്തിട്ട് കൽപ്പയിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രഹണമെന്ന് കൽപ്പിക്കാൻ സാധ്യമല്ല തേജപ്രഭൃദിനാഥ അനിമിയേതെ മുഖ്യ ഈക്ഷണാഭാവയിലെ യുക്തം ഉപചരിതം കൽപ്പിക്കും പക്ഷെ തേജസ് ദർശിച്ചെന്നും മറ്റും പറയുമ്പോൾ അവിടെ നാമരൂപാത്മകമായ തേജസ്സല്ല തേജസ്സിൽ അത് ഗുണമായി പ്രയോജിച്ചിരിക്കുകയാണ് അവിടെയും സ്വത്താണോ സങ്കൽപ്പിക്കുന്നത് എന്നെല്ലാം പറയുന്നത് ശരി തന്നെയാണ് തേജസ്സിൽ സങ്കല്പിക്കാൻ പക്ഷെ തേജസ് ആയാസത്ത അതിന് സങ്കല്പിക്കാം തേജപ്രഭുദിന അനിമീതി മുഖ്യക്ഷണാഭാവൈതി സതോപി മൃദ്വകാരണത്വ അചേതനത്വം സഖ്യം അനുമാദം ഇതുപോലെ വേറൊരു ചോദ്യം വരുന്നു പാത്രത്തിന് കാരണമായിരിക്കും അത് കാരണമായതുകൊണ്ട് അത് ജഡവുമായിരിക്കും അതുപോലെ സത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി ഉണ്ടായതെല്ലാം ജഡം അതുകൊണ്ട് കാരണമായ സത്തിൽ ജഡമായിരിക്കും അതെല്ലേ കൂടുതൽ യുക്തമായിരിക്കും പാത്രം മണ്ണായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം എന്താണ് പാത്രം ഏതിൽ നിന്നാണ് ഉണ്ടാക്കിയത് മണ്ണ് തന്നെ തിരിച്ച് സംഭവിക്കാനിവിടെ വഴിയില്ല നമ്മളങ്ങനെ കാണും അതുപോലെയാണെങ്കിൽ ഈ ജഡമായിരിക്കുന്ന തേജസ്സുകളെ മറ്റും സൃഷ്ടിച്ചിരിക്കുന്ന ഏതോ സത്ത് അതും ജഡമാവണമുണ്ട് അതും യുക്തി കാര്യവും കാരണവും സമാന സ്വഭാവമുള്ളതായിരിക്കും സത്തിൽ നിന്ന് സത്യം ഉണ്ടാകാവൂ അസത്യനിൽ നിന്ന് മണ്ണിൽ നിന്നേ കുടമുണ്ടാകുന്ന കാണുന്നുള്ളൂ ഒരിടത്തും ചൈതന്യത്തിൽ നിന്ന് കുടം ഉണ്ടാകുന്ന കാണുന്നുള്ളു കുടത്തിന്റെ കാരണമായി മണ്ണിനെ കാണുന്നുള്ളൂ ചൈതന്യത്തെ കാണുന്നില്ല ഈ യുക്തികൾ വെച്ച് സത്വീ മൃത്യോത്കാരണക്കുക ഇവിടെ പറയുന്ന സത്താണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും കാരണം ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ജഡമാണ് അതുകൊണ്ട് അചേതനത്തും സഖ്യാനും മാറുന്നു ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന അചേതനമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് അതല്ലേ യുക്തി അഥവാ പ്രധാന സൈവ അച്ചേന സേനീതൽ ഐഷ്യത സഖ്യം അനുമാതുപരിതീക്ഷണം ദുഷ്ടനച്ചേതാരൂലം പീതിഷതി അത പ്രധാന സീവ അചേതേതനാർത്ഥത്വ സർവത്ര കാണുന്നു ജഡമെല്ലാം ചൈതന്യത്തിന് വേണ്ടിയാണ് പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണുന്നുണ്ട് നിയതകാലക്രമ വിശിഷ്ടകാരി ഉത്പാദകത്വ ഇവിടെ നിയതമായ കാലം ക്രമം ആ നിയമങ്ങളെല്ലാം പാലിക്കുന്നതായ കാര്യങ്ങളെ ഇവിടെ സൃഷ്ടിക്കുന്നതായും കാണുന്നുണ്ട് ിശയ്ക്കും അനുമാദും സങ്കല്പിച്ചതുപോലല്ല സത്യം സങ്കല്പിക്കാൻ സാധ്യമല്ല ഉപചരിതമ ഈക്ഷണം അതുകൊണ്ട് സത്വമാചേതനമാണ് അവിടെ ഉപചരിതം ഗൌണമായി പറഞ്ഞിരിക്കുകയാണ് സത്ത് സങ്കല്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ചോദ്യം അതാണ് സത്തിനങ്ങനെ സങ്കല്പിക്കാൻ സദോവ്യം കാരണത്വത് അചേതത്വം അതും അചേതനമാണല്ലോ സത്വങ്ങന ചേതനമാവും അചേത ലോകത്തിനും കാണാറുണ്ട് അചേതനമായ വസ്തുക്കളിൽ ചേതനെ പോലെ പറയാറുണ്ട് യഥാകൂലം പില്യ വെള്ളപ്പൊക്കം ഉണ്ടായി നദിയിൽ വെള്ളം കര കവിഞ്ഞൊഴുകുകയാണ് വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കൊണ്ട് ആ നദിയുടെ തീരത്തുള്ള കരകൾ മൺതിട്ടകൾ അതിടിഞ്ഞ് നദിയിലേക്ക് വീഴാൻ തുടങ്ങി ഇത് നദിയിലേക്ക് മൺതിട്ടകൾ ഇടിഞ്ഞ് വീഴുന്ന കണ്ടുകൊണ്ട് അതിന്റെ കരയിൽ നോക്കിയിരിക്കുന്ന ഒരാൾ പറയുകയാണ് പൂലം വിപത് ശതി നോക്കി പറയു ഓരോ മൺ യും ഇടിഞ്ഞിടിഞ്ഞ് ആ മണ്ണെല്ലാം വെള്ളത്തിലേക്ക് വീണ് അലിഞ്ഞലിഞ്ഞ് പോകുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നു കൂലം വിപുദത ആ തീരം വീഴാൻ ആഗ്രഹിക്കുന്നു പറയുന്നു ആ നദീതീരം ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് താഴാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു കാണുന്ന ഒരാൾക്ക് പറയാം കാരണം വെള്ളത്തിന്റെ വഴുകി ശ്രദ്ധിച്ചറിയാം അത് വളരെ സാവധാനം പതുക്കെ പതുക്കെ കുറേശ്ശെ കുറെശ്ശെ അത് വെള്ളത്തിലേക്ക് താഴ്ന്ന താഴ്ന്നു താഴ്ന്ന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുകയാണ് ഇത് കാണുമ്പോൾ ഒരാൾക്ക് തോന്നിപ്പോകുന്നു എന്താണത് അങ്ങനെ കവിഭാവനയിൽ കൂടെയാണ് അത് ആ കര ഇതുവരെ ജലവുമായിട്ട് അകന്നിരുന്നു ഇപ്പോൾ ആ ജലത്തിലേക്ക് അത് ഏകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് അത് താഴ്ന്നത് അല്ലെങ്കിൽ ജലം മേളേക്ക് വന്ന് അതിനെ സ്വീകരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കവിഭാവനയെ കുറേ കരയും ജലവുമായിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ പറയാം അതുപോലെ പറയാറില്ലല്ലോ കൂലം പിതി ജലത്തിനോട് ഒന്നാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് ചേതനമായതുകൊണ്ടു അല്ല ജഡമാണ് പക്ഷെ എന്നാലും ആ ജഡത്തിലും ചേതനത്തെ പോലെയുള്ള വ്യവഹാരം കാണാറുണ്ട് അതുകൊണ്ട് ചേതന വ്യവഹാരമുള്ളതുകൊണ്ട് ഒന്നു ചേതനം പറയാൻ സാധ്യമല്ല അതുകൊണ്ട് സത്ത് സങ്കൽപ്പിച്ചു എന്ന് പറയുന്നിടത്തും സത്തും ഇതുപോലെ കൂലംപിക്കു പറഞ്ഞതുപോലെ പറയുകയാണ് അത് ജഡമാണ് ആ സത്ത് എന്ന് പറയുന്നത് എന്താണ് ജഡമായ പ്രധാനമാണോ ആ പ്രധാനമാണ് സൃഷ്ടിച്ചത് പുരുഷനല്ല എന്ന സംഖ്യ സിദ്ധാന്തത്തിലെത്തിച്ചേരും അതിനെ നിഷേധിക്കണം സംഖ്യന്മാരോട് ചോദ്യം എന്താ ഈ സൃഷ്ടിക്കാരണവർ പറയും പ്രധാനം പ്രകൃതി എന്നും പറയും സങ്കല്പിച്ച് സൃഷ്ടിച്ചു എന്നൊക്കെ ശ്രീ പറയുന്നുണ്ടല്ലോ അവർ പറയൂ സങ്കല്പിച്ച ആരാണ് പ്രധാനമാണ് പ്രകൃതിയാണ് സങ്കല്പിച്ചത് അത് ജഡമാണല്ലോ അതിനങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ അത് ഗൗണമായി പറഞ്ഞിരിക്കുകയാണ് ചേതന്നെ പോലെ ചൈതന്യം ഉള്ളതുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്ന സാഖ്യന്മാരുടെ പക്ഷത്ത് ഇവിടെ നിഷേധിക്കണ് അത് ശരിയല്ല നാഗ്മീൽ ഇത് ശരിയാണ് ഈ പറയുന്നത് ജടത്തിൽ നിന്നും സൃഷ്ടിയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒന്നിൽ നിന്നും മറ്റ് സംഭവിക്കുന്നുണ്ട് കരയിടിഞ്ഞ നദിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ സത്ത് അച്ഛേത്തിനുമല്ല ജടമുണ്ട് അത് സങ്കല്പിച്ചു എന്ന് സമുദ്രം ജലമല്ല എന്ന് പറയാൻ പറ്റൂ പറയുന്നു സമുദ്രത്തിൽ നിന്ന് ഭിന്നമായ തിരങ്കര അല്ലെങ്കിൽ തരംഗം ഉണ്ടായി അതുകൊണ്ട് സമുദ്രം ജലമല്ല എന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല അതെങ്ങനെ ഭിന്നമായി വരും നാമരൂപങ്ങളെ കൊണ്ട് തത്വത്തിൽ ഭിന്നമായില്ല അപ്പൊ സൃഷ്ടിയിൽ ഒരിക്കലും സത്ത് തത്വത്തിൽ ഭിന്നമായൊന്നിനും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല സത്ത് സൃഷ്ടിച്ചതെല്ലാം തത്വം തന്നെ നമ്മൾ ആദ്യം പറയുന്നു ഇവിടെ ജഡമുണ്ട് ആ സത്ത് എങ്ങനെ ജഡത്തെ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഈ ജഡത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് സത്തും ജഡമാണോ ഇവിടെ സിദ്ധാന്തി പറയുന്നു ഇവിടെ ജഡത്തെ സൃഷ്ടിച്ചിട്ടില്ല സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ സമുദ്രത്തിൽ നിന്നുണ്ടായതെല്ലാം ജലം തന്നെ എല്ലാ തരംഗും തിരമാലകളും അതുകൊണ്ട് അ ജഡചിന്ത വിടുക അങ്ങനെ രണ്ടായി തിരിക്കില്ല ഇത് സത്താണ് ഇത് ജഡമാണ് ഇനി ജഡമായി തിരിക്കണമെന്നൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ പറയാം അത് നാമരൂപമാണ് അതാണ് മിഥ്യ സത്തിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ മിഥ്യയിലേക്ക് പോകേണ്ട കാര്യം ശ്രുതി എന്ന് പറയുന്ന സത്യം സാത്മാ അതാണ് സത്യം ക്ഷേതം കയ്ന് ഉദ്ദേശിക്കുന്നു അതാണ് നിന്റെ സ്വപം നീ അതാണ് എന്നുപദേശിക്കുന്നു അപ്പൊ ആ സത്ത് നമ്മുടെ കൊണ്ടുവരികയാണ് സദൈവ സൗമ്യതമ ഗ്രാസീത എന്ന് പറയുന്നിടത്ത് സത്തനെക്കുറിച്ച് പറഞ്ഞു എന്നിട്ടതിന്റെ ഇടയ്ക്ക് സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നു നമ്മൾ ചിന്തിക്കും അവിടെ സത്തനെക്കുറിച്ച് പറഞ്ഞു ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഈ കാണുന്ന നാമരൂപങ്ങൾ ജഡങ്ങളിതെല്ലാം സത്ത് എന്ന് പറഞ്ഞാൽ മനസ്സീകരിക്കാൻ സാധ്യമല്ല അത് യുക്തിക്കും നിരക്കുന്നതല്ല അനുഭവത്തിനും നിരക്കുന്നതല്ല അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരാളിനെ ബോധിപ്പിക്കും എന്താണ് നാമരൂപാത്മകമായി ജഡമായി അനുഭവപ്പെടുന്ന സത്ത് തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ആ സത്ത് എങ്ങനെ ഈ ജഡമായ നാമരൂപാത്മകമായി തന്നെ ഉണ്ടായി ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു അപ്പോ കേൾക്കുന്നു കരുതുന്നതും ഞാനും ആ സൃഷ്ടിയുടെ ഭാഗമാണ് ഞാൻ ഈ നാമരൂപാത്മകമായ ശരീരത്തോടു കൂടിയിരിക്കുന്നവനാണ് പറയുന്നു അല്ല തത്ത് ആ സത്തായിരിക്കുന്നത് ചേതനമായിരിക്കുന്നത് മസിന്നീ അത് തന്നെയാണ് അന്ന് തത്ത് ഉപദേശിക്കുന്നത് അതാണ് ത ു അത് സത്യമാണ് നീ പറയുന്നത് ജഡമല്ല സ ആത്മാ അതാണ് നീ പറയുന്നത് നിന്റെ ആത്മാവെന്നല്ല ത്വം അസി നീ ആകുന്നു എന്നാണ് എന്താ നിന്റെ ആത്മാവെന്ന് പറയുന്നത് ഗുണമായി പറയുന്നതാണ് ശ്രീ അങ്ങനെ പറയുന്നില്ല ത്വം അസി നീ ആത്മാവാകുന്നു പറയുന്നു ജഡമല്ല നിനക്കൊരാത്മാവുണ്ടെന്നില്ല നിനക്കൊരാത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ദോഷം വരും എന്താണ് ഞാൻ ഈ ശരീരം ഈ മനസ്സിൽ ബുദ്ധിത്തൊക്കെ ചേർന്നതും എന്റെ ഉള്ളിൽ ഇനി മറ്റൊരാത്മാവിരിക്കണ്ടെന്നും പറഞ്ഞു നിന്റെ ആത്മാവെന്ന് പറഞ്ഞു എന്റെ ഉള്ളിൽ എനിക്ക് പിടികിട്ടാതെ ഒരു ആത്മാവിരിക്കുന്നതെന്ന് പറയും അതല്ല നീ ആത്മാവെന്നാ പറയും നിന്റെ ആത്മാവിനോട് പറയും നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഗുണപ്രയോഗമാണ് അസിദ്ധാന്തമല്ല മനസ്സെന്ന് പറഞ്ഞു ആത്മാവ് ആണ് വേദാന്തത്തിൽ അത് ഇതിൽ പിന്നെ ചെയ്യാനൊന്നുമില്ലെന്ന് പറയുന്നു നിന്റെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ നിനക്ക് ഒരുപാട് പ്രവർത്തിച്ചേണ്ടിയിരുന്നു എന്റെ ആത്മാവ് അതെനിക്ക് അതിന് തെളിച്ചെടുക്കണം അല്ലെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കണം അതിന് ഞാൻ പരിശ്രമിക്കണം ഇങ്ങനെയൊക്കെ വരും ഇനിയ ആത്മാവാണെങ്കിൽ പിന്നെ പരിശ്രമം അതുകൊണ്ടാണ് വേദാന്തത്തിനൊന്നും ചെയ്യാൻ ആവശ്യപ്പെടാത്ത അദ്വൈതത്തിൽ വേദാന്തത്തിലുള്ള സോറി അദ്വൈതം മറ്റിടത്തൊക്കെ ചെയ്യാൻ പറയുന്ന അത് ചെയ്യും എന്നെ അഭ്യാസം ചെയ്യും മറ്റേ അഭ്യാസം ചെയ്യും അത് ചെയ്യും പണ്ടട ചിരിക്കും സ്ഥലത്തിൽ ഇവിടെ ഒന്നും ചെയ്യാൻ നിർദ്ദേശിക്കാനില്ല എന്തുകൊണ്ട് നീ സ്വയം ആത്മാവാണ് പിന്നെ ആര് ചെയ്യാൻ ചെയ്യുന്നവനാരും എന്തിനു ചെയ്യുന്നു എന്ത് നേടാൻ വേണ്ടി ചെയ്യുന്നു അങ്ങനെ ഒരു ദുരിതം കൊണ്ടില്ല ശ്രുതി ധ്യാനിക്കാൻ പറയുന്നവര് നിന്റെ ആത്മാവ് നിനക്കൊരാത്മാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ ധ്യാനിച്ച് തെളിച്ചടങ്ങുന്നു നീ ആത്മാവെന്ന് പറയുമ്പോൾ പിന്നെ ശ്രുതി ധ്യാനിക്കാൻ കാരണം നീ ആത്മാവാണെങ്കിൽ പിന്നെ ധ്യാനിക്കാൻ വേണ്ടി വേറൊരാണെങ്കിൽ ആരാധ്യാനിക്കുന്നു ധ്യാനിക്കുന്ന ഒരാളെ ധ്യാനിക്കുന്നവനോട് ചോദിക്കുക ആരാധ്യാനിക്കുന്നു പറയും എന്റെ ആത്മാവന് എന്റെ ആത്മാവ് ആരാണ് എവിടെയിരിക്കുന്നു അത് ഞാൻ തന്നെ ഞാനാണെങ്കിൽ പിന്നെ ആരാധ്യാനിക്കുന്നു എന്റെ തലയിൽ കയറാൻ ഞാൻ വിചാരിച്ചു നടക്കും അതെങ്ങനെ സാധ്യമാകും സ്വന്തം തലയിൽ എങ്ങനെ കയറാൻ പറ്റും പറ്റില്ലെങ്കിൽ എങ്ങനെ ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റും താൻ സ്വയം ആത്മാവാണെങ്കിൽ ധ്യാനിക്കാൻ പറ്റത്തില്ല ഇതുവരാരും ആത്മാവിനെ ധ്യാനിച്ചിട്ടു സാധ്യമല്ല ആത്മാശ്രയദോഷമെന്ന് പറയും അത് വരും താനാണെങ്കിൽ അത് സാധ്യമല്ല തൻ്റേതാണെങ്കിൽ സാധ്യമാണ് ആദ്യ ആത്മാവിനെ തൻ്റെതാകണം താൻ ആത്മാവ് അല്ലാതാണ് അപ്പം ഞാൻ വേറൊരാള് ഞാൻ എൻ്റെ ആത്മാവിനേതാ കാണുന്നു ഒരു പ്രകാശം പോലെ ടോർച്ചടിച്ചതുപോലെ കാണുന്നു അപ്പം അതിലേക്ക് നോക്കി ഞാൻ ധ്യാനിക്കുന്നു എൻ്റെ മനസ്സിനെവിടെ ഏകാഗ്രപ്പെടുത്തുന്നു ആരാ ഈ പണി ചെയ്യുന്നു ഞാനപ്പം നീ ആരാ ഞാൻ വേറൊരാള് സാധ്യമല്ല അതുകൊണ്ടാണ് ഭക്ഷ്യക്കാരൻ പറയുന്നത് എല്ലാ ഉപാസനകളും ഭേദത്തിൽ അഭേദത്തിൽ സാധ്യമല്ല അദ്വൈതത്തിൽ സാധ്യമല്ല അവിടെ താൻ തന്നെ ആയിരിക്കുന്നു ധ്യാനിക്കാൻ പറ്റത്തില്ല വിവരമുള്ളവൻ ധ്യാനിക്കത്തില്ല ഈ വിവരമുള്ളവന് അല്ലെ ധ്യാനിക്കുന്നവർ വിവരമില്ലാത്തവരും തന്നെയാണ് പറയുന്നത് ഈ ബോധമുള്ളവന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അതാ പറഞ്ഞു തെറ്റിദ്ധരിക്കരുത് എന്തുകൊണ്ടാരും ധ്യാനിക്കരുതെന്നല്ലേ ഞാൻ പറയും എന്താണോ ഇവിടെ സത്ത് എന്ന് പറയുന്നത് കാരണം നമ്മളിവിടെ ചർച്ചിൽ നിന്ന് തത്ത് മസ്യെ കുറിച്ചാണ് അവിടെ തത്ത് ത്വമെന്ന് പറയുന്നത് എന്തിനാണോ എന്നാ അവിടെ നിന്റെ ആത്മാവെന്ന് പറയുന്നു നീ ആത്മാവെന്ന് പറയുന്നു താൻ തന്നെ ആത്മാവാണെങ്കിൽ തനിക്ക് തന്നെ ധ്യാനിക്കാൻ സാധ്യമേ അല്ല എന്റെ ആത്മാവ് ഒന്നുണ്ടെങ്കിൽ അതിനെനിക്ക് ധ്യാനിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നു നീ ഒന്നും ചെയ്യണ്ട ചെയ്തൊന്നും നേടാൻ പറ്റില്ല എന്നാ കർമ്മണോ കർമ്മം സാധ്യമല്ല ഒരു കർമ്മം പിന്നെ വിവേകം ഉണ്ടാകാമതി ആ വിവേകം പ്രവാചിക്കുന്നു എന്ന് പറയും പിന്നെ ആചാര്യന്മാരെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് ധ്യാന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ദ്വൈതത്തില് അതാവശ്യമാണ് ഇവിടെ പറയുന്ന അദ്വൈതത്തിൽ മറ്റു സമ്പ്രദായങ്ങളും രീതികളും എല്ലാം ശ്രുതി എന്നെ നിർദ്ദേശിക്കുന്നതിന്റെ ഉപാസനമാണ് അത് അസംബന്ധമൊന്നല്ല തത്വത്തിൽ അതില്ല ദ്വൈതത്തില് അതെല്ലാം ഉണ്ട് താൻ തന്റെ ആത്മാവിനെ ധ്യാനിച്ചു തത്തുമസി മനസ്സിലാകുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ പോരാ അവിടെ സത്യം സ ആത്മാ എന്ന് പറയുന്നത് സ്വസ്വരൂപത്തെയാണ് തസ്മിൻ അന്ന് ഉപദേശ നിന്നെയാണ് ആത്മാവായി ഉപദേശിക്കുന്നത് നിന്റെ ആത്മാവിനെ കാണിച്ചു തരിക അഭിനെന്താ അവിടെ വഴി അത് സ്വയം പ്രകാശിക്കുന്നു അത് ബോധ്യപ്പെടുന്നു തൻ്റെ സ്വരൂപമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് എന്റെ ആത്മാവാണെന്നുള്ള ഭ്രമം മാറുന്നു അതാണ് അവിടുത്തെ വഴി അത് ഗുരു ഉപദേശിക്കുന്നു ശിഷ്യനെ ബോധ്യപ്പെടുന്നു ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഉപദേശിക്കുന്നു അതാണ് ക്ഷേതഗേദിനൂടെ പലതവണ ഉപദേശം വ്യക്തമായി അടുത്ത് പറയുന്നു ആത്മോപദേശമൊക്കെ ഉപചരിത ഇല്ല അവിടെ ആത്മാവിനെ ഉപദേശിച്ചതും നിന്റെ ആത്മാവാണ് നീ നിന്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കണോ അങ്ങനെയൊക്കെയാണെങ്കിലോ യഥാ മമാത്മാഭദ്രസേനയിലെ സർവാർത്ഥകാരണ്യ ആത്മനീയ അനാത്മനീയ ആത്മ ഉപചാരത്വത്ത് ഒരാൾ പറയുന്നു അവൻ എന്റെ പ്രിയപ്പെട്ടവനാണ് അവന് അവനെ ആത്മാവാണ് അവളെന്റെ ആത്മാവാണ് ഇങ്ങനെയൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ മമാത്മാഭദ്രസേന ഭദ്രസേന അവൻ എന്റെ ആത്മാവ് തന്നെയാണ് അതുപോലെ ആത്മാവനെ എന്റേത് സർവാർത്ഥകാരനെ അവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആളാണ് എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ് അതുകൊണ്ട് പറയുന്നു അവൻ എന്റേതാണ് എന്റെ ആത്മാവാണ് അതുപോലെ ഇവിടെ ആത്മന് ആത്മോപചാര അനാത്മനി മറ്റെന്തെങ്കിലും ആത്മാവായിട്ട് ഉപദേശിക്കുകയാണോ നിന്റെ ആത്മാവെന്നാണ് എവിടെ പറയുന്നു സദസ്മി ഇവിടെ സദസ്മി സദേവ അങ്ങനെയാ ബോധിപ്പിക്കുന്നു ആ സത്ത് അസ്മി താൻ എന്നാണ് ബോധിപ്പിക്കുന്നത് ഇത് ബോധിക്കുന്നു അങ്ങനെയാണ് സദസ്മി ഞാൻ സത്താണോ എന്റെ ആത്മാവൊന്നല്ല എന്റെ ആത്മാവിനെ ഞാൻ കണ്ടെത്തണമെന്നല്ല അങ്ങനെ സദാ അസ്മിന്നൊരാൾക്ക് ബോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാള് ദ്വൈതത്തിലാണ് അവിടെ പിന്നെ ധ്യാനിക്കുക ഉപാസിക്കുക ജപിക്കുക പ്രാർത്ഥിക്കുക അവിടെ നിന്ന് കരകയറാൻ വേണ്ടി അതെല്ലാം ആകാം അതിനൊന്നും നിഷേധിക്കാൻ വേണ്ടിയല്ല പറയുന്നു തത്വത്തിൽ പറയുമ്പോ അവിടെ നോക്കുക അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല കോംപ്രമൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല തത്വം അത് തന്നെയാണ് ദ്വൈതത്തിലേക്ക് വരുമ്പോ അവിടെ ഇതിനെല്ലാം ആകാം അവിടെ ഇതിനെല്ലാം നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമാണതുകൊണ്ട് ആചാര്യന്മാര് ഇതെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നു സദസ്മി ഇതാണ് സേതഗിതിന്റെ അനുഭവം ഏത് സത്തിനാണോ ഉപദേശിച്ചത് പിതാവ് അത് അസ്മി ാണ് പിന്നെന്ത് ചെയ്യാനോ പിന്നൊന്നും ചെയ്യാനല്ല സദസ്മി എന്നുള്ള ബോധത്തിൽ ചെയ്യാനൊന്നും കൃതകൃത്യം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇത് തത് സത്യ അഭിസന്ധ്യ തസ്യ താവദേവചിരം ഇത് മോക്ഷോപദേശ അതാണ് ശ്രുതി എന്ന് പറയുന്നു തസ്യ താവദേവചിരം അക്ഷണം തന്നെ പിന്നെ ഒരു സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം മറ്റേ ആളുകൂടെ വരട്ടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മോക്ഷം എന്ന് പറയുന്നില്ല സത്യ അഭിസന്തസ്യ സത്യത്തെ ഗ്രഹിച്ചവന് ആർക്കാണോ ആ ഒരു ബോധം ഉണ്ടായത് സദേവ എന്ന് പിതാവ് ഉപദേശിച്ചപ്പോ സേദൈവേദവന് സദസ്മി ഈ ഉപദേശിക്കുന്നത് തന്നെയാണ് ഞാൻ തന്നെയാണ് എന്നുള്ളതുപോലെ ആ ബോധം ഉണ്ടായവന് താവദേവചരം ആ ക്ഷണം തന്നെ മോക്ഷം പിന്നെ സാധനൊന്നുമില്ല അവിടെ വെളിച്ചം വന്നുകഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി എന്ത് സാധനം ഇരുട്ടാണെന്നവിടെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചമല്ല വേറെ ഒരു സാധനയില്ല പിന്നെ വെളിച്ചം കൊണ്ടുവരുത് ആ വെളിച്ചം പ്രകാശിക്കുന്നതുവരെയുള്ള സാധനങ്ങളുണ്ട് ആ സാധനങ്ങളാണ് എണ്ണയും തിരിയും അതിന് ഈ വെളിച്ചമായിട്ട് വല്ല ബന്ധമുണ്ട് അങ്ങനെ ദ്വൈത സാധനങ്ങളല്ല എണ്ണയ്ക്കും തിരിക്കും വിളക്കിനും വെളിച്ചമായിട്ട് എന്താ ബന്ധം ഒരു ബന്ധവും പക്ഷെ പ്രകാശം ജ്വലിക്കുന്നതിന് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അത് ദ്വൈതം പ്രകാശം ചൊലിച്ചാല് അതാണ് ഉപദേശത്തിൽ സംഭവിക്കുന്നത് തഥസ്മി എന്നാണ് പ്രകാശ് തസ്യ താവതവചരം സത്യഭിസന്ധസ്യം സത്യഗ്രഹിയായി സത്യത്തെ ഗ്രഹിക്കുന്നവനായി അവന് തസ്യ താവദേവചരം പറയുന്നു താവ ദേവ ദേവകാല പിന്നെ അടുത്തൊരു ക്ഷണം ഇവിടെ ഇല്ല താനാണോ എന്ന് ഉറപ്പിക്കേണ്ട ദൃഢപ്പെടുത്തേണ്ട കാര്യമില്ല മോക്ഷോപദേശ അതുകൊണ്ട് തത്തുമസി ഗവൺമെന്റ തത്തുമസി അതിന്റെ മുഖ്യമായ അർത്ഥത്തിൽ മറ്റെന്തെങ്കിലും അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുണ്ടോ അത് ശ്രുതിയാണ് അത് ശ്രോതാവിനെ നേരിട്ട് ബോധിപ്പിക്കുകയാണ് ഇനി അതാണോ അവിടെ ഉപദേശമൊന്നും അനുഭവം രണ്ട് അങ്ങനെയില്ല അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഉപദേശം ഒന്നും പിന്നെ അനുഭവം രണ്ടാവണം എല്ലാവരും പറയുന്നില്ല ഉപദേശം ഉണ്ട് പക്ഷെ അനുഭവം ഇല്ല അദ്വൈതത്തിൽ ഉപദേശം ഒന്നും അനുഭവം രണ്ടല്ല ഉപദേശം തന്നെ അനുഭവം രണ്ട് ജ്ഞാനമില്ല ഒറ്റ ജ്ഞാനമേ ഉപദേശവും അനുഭവവും ഒന്നു തന്നെ ഉപദേശം തന്നെ അനുഭവം അനുഭവം തന്നെ ഉപദേശം അദ്വൈതമില്ലല്ലോ പിന്നെ എങ്ങനെ ഉപദേശവും അനുഭവം ഇല്ല അത് മനസ്സിലാക്കിയാ സൈക്കിൾ ചൂട്ടം പഠിപ്പിക്കും പോലെ ആദ്യം പറഞ്ഞു തരുന്നു പിന്നെ കയറിയിരുന്നു ചവിട്ടു കുറെ കാലം ചവിട്ടുമ്പോ ശരിയാവും ബാലൻസ് തെറ്റാവില്ല അങ്ങനല്ല ഇവിടെന്താണ് സദസ്മി തത്വമസി സദസ്മി രണ്ട ഉപദേശത്തിനും അനുഭവത്തിന്റെ ഇടയ്ക്ക് കാലവിളമ്പോ അല്ല നമ്മൾ ധരിക്കുന്നത് ഉപദേശിക്കുക കേൾക്കുക പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം പിന്നെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ ഞാൻ ഉണ്ടാവുക അങ്ങനെ ഇല്ല താവദേവചിതം ഭക്ഷണം തന്നെ ഇനി അടുത്ത് വിശദമായിട്ട് പറയും വിമോക്ഷോപദേശ മോക്ഷം അപ്പത്തന്നെ ശ്രദ്ധിയോദ പറയുന്നു അങ്ങനെ മോക്ഷത്തെ ഉപദേശിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് ഗുണമല്ല അദ്വൈതമല്ല അദ്വൈതം വേറെ അദ്വൈതമാണ് ഇവിടെ ഉപദേശിക്കുന്നത് അസദസ്മിയ ആ തണോ സത്താണോ Please take it out of your mind.